സർവത സമ്പ്രോധ സമേഷ ബ്രാഹ്മണ സ്ഥിരം എല്ലായിടത്തും പറഞ്ഞു എൻ്റെ വ്യാഖ്യാനം എന്ന് ഞാൻ പറയാൻ പോകുന്നത് ൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ബ്രാഹ്മണസ്യാത ബ്രാഹ്മണസ്യുന്നത് ശങ്കരാത്ഥം പറയും സന്യാസി രാമാനുചാചാര്യം പറയുന്നത് ബ്രാഹ്മണി വയസ്സ് അപ്പോ എന്തുകൊണ്ട് രാമാനുരാചാര്യർത്ഥം പറയും അതാണ് ഇവിടെ വിശദീകരിക്കുന്നത് പൊതുവായി നമ്മൾ ഈ വ്യക്തത്തിൽ വരുമ്പോൾ പൊതുവായി ഇവരെല്ലാം സ്വീകരിക്കുന്ന ഒരു രീതി എങ്ങനെയാണ് ശബ്ദങ്ങൾ അതിനെക്കുറിച്ച് പൊതുവായും മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് കാരണം ഇതൊക്കെ വെച്ചുകൂടി എന്ന ആൾക്കാർ എന്തൊക്കെ അർത്ഥങ്ങളാണ് അർത്ഥം പറയാൻ വരികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള അർത്ഥം പറഞ്ഞാൽ നന്നായി ഇവിടെ വ്യാഖ്യാനത്തിനു ബ്രാഹ്മണ സീറ്റിയുടെ പ്രകർണ അസംഗം ഈ പദ്യത്തിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് ഈ പ്രകടനത്തിൽ സന്ദർഭത്തിന് യോജിച്ചത് ക്ഷത്രിയോഹ്യോപദേശം കാരണം കൂടെ ഉപദേശിക്കുന്ന ക്ഷത്രിയല്ല ബ്രാഹ്മണൻ അല്ല അപ്പൊ പിന്നെ ഇവിടെ ഒരു ബ്രാഹ്മണ ശബ്ദം നിന്ന് വന്നോളൂ ഇവിടെ ബ്രാഹ്മണക്ഷത്രി എന്നൊക്കെ പറയുമ്പോ ജാതിയാണ് വേറെ അതൊരു ഭാവനയിലൊന്നും പോകേണ്ട കാര്യമില്ല അപ്പൊ ഇവിടെ അർജുനക്ഷത്രി ജാതിയാണ് അപ്പൊ പിന്നെ ബ്രാഹ്മണൻ എന്തിനൂടെ പറഞ്ഞു അതാണ് ചോദിച്ചത് കസ്തത്ര ബ്രാഹ്മണസി വിശേഷ ബ്രാഹ്മണൻ പറഞ്ഞ ഇവിടെ എന്താ വിശേഷം ഇതൊക്കെ പൊറുവോക്ഷണം എന്തുകൊണ്ട് ബ്രഹ്മവിദ്യയായ കവി ത്രൈവർണ്ണിക സാധാരണത്വ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് അത് ത്രൈവർണ്ണികർക്ക് പൊതുവാണ് ഈ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകണം ബ്രഹ്മ എന്ന് വെച്ച വേദം ബ്രഹ്മവിദ്യുവെച്ചാൽ വേദവിദ്യ വേദത്തെ സംബന്ധിക്കുന്നതിന് വേദത്തിൽ നിന്നും നേട്ടുഗ്രഹിക്കുന്ന വിദ്യ അത് കർമ്മമാകാം ഉപാസനങ്ങളാകാം തത്വജ്ഞാനമാകാം ഭക്തിയാകാം എന്താ ഇതിനെല്ലാം ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് ബ്രഹ്മം വേദം വേദത്തിൽ നിന്ന് നേരത്തെ ഗ്രഹിക്കുന്ന വിദ്യയാണ് ഇത് ത്രയോധിക സാധാരണത്വം മൂന്ന് ജാതികൾക്കും അനുവദിച്ചിട്ടുള്ള കാര്യമാണ് ബ്രാഹ്മിണൻ ക്ഷത്രീയം വൈസ് അത് അശോത്രിൽ ആദ്യങ്ങൾക്ക് അനവകാശമില്ല പൊതുവെ സാമാന്യ നിയമം അനുസരിച്ച് അപവാദങ്ങളൊക്കെ ചെലുത്താറുണ്ട് അപ്പൊ പിന്നെ ഇവിടെ ബ്രാഹ്മണങ്ങൾ എന്തിനു പറഞ്ഞാണ് ചോദിച്ചത് വിജാനതായിട്ട് അത് മാത്രമല്ല ബ്രാഹ്മണ വിജാനത വിജാനത ബ്രാഹ്മണ അറിയുന്ന ബ്രാഹ്മണങ്ങൾ എന്തിന് വിചാരം അറിയുന്നവനാണ് കാമ അധികാരം കാമപ്രകരണത്തിന് മോക്ഷാധികാരം മോക്ഷപ്രകരണത്തിനുമൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെ അധ്യയനം ചെയ്യുന്നതും വിചാരം ചെയ്യുന്നതും അനുഷ്ഠിക്കുന്നതും വേണ്ട വിചാരമറിമുള്ളവരാണ് പിന്നെ ഇവിടെ വിശേഷിച്ച് വിചാരം അറിയുന്നവൻ എന്തിനു പറഞ്ഞു അതാണ് വിചാരന്യഹി അറിയുന്നവനാണ് കാമാധികാരാദിഷ് കാമ അധികാരം ചകരണം കാമാധികാരം മോക്ഷാധികാരം ആകെ മോക്ഷാധികാരത്തിൽ പ്രവർത്തകൻ ഇനി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അന്ന് പറയുന്നു ബ്രാഹ്മണ ശബ്ദശാസ്ത്ര അല്ലാത്തത് അതീതീത്യാദി അഭ്യാന്തരപരം ഇത് ഒരു വ്യാകരണ വിഷയമാണ് തർക്കമുള്ള വിഷയമാണ് ഇദ്ദേഹ ഒരു ബ്രാഹ്മണ ശബ്ദത്തിന്റെ ഒരു വിൽപ്പത്തി നിഷേധിക്കുക അതിന് കാരണമെന്ന് പറയുന്നത് ബ്രാഹ്മണ ശബ്ദം എന്ന് വെച്ചാൽ എന്താണ് പണിനിയുടെ സൂത്രമാണ് അതനുസരിച്ച് ബ്രഹ്മ അധീരെ ബ്രാഹ്മണ ബ്രഹ്മം വേദം വേദത്തെ അധ്യയനം ചെയ്യുന്നവൻ ബ്രാഹ്മണൻ അങ്ങനെ ഒരു വിൽപ്പത്തി പറയാറ് ഈ വിൽപ്പത്തി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദത്തിന്റെ ധാതുവിൽ തന്നെ വച്ചുകൊണ്ട് ആ ശബ്ദം എങ്ങനെ ഉണ്ടായി അതൊരു ഒറ്റ ധാതുവിൽ നിന്ന് വന്ന ശബ്ദമാണ് റൂട്ട് അതിൽ വന്ന ശബ്ദമാണ് അവിടെ മറ്റ് ശബ്ദങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടോ അവിടെ എന്ത് പ്രക്രിയയാണ് ഒരു ശബ്ദം എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് പറയുന്നതിനാൽ വിൽപ്പത്തി എന്ന് പറയുന്നു നിരുക്തി എന്ന് പറയുന്നു അതെ അത് എല്ലാ ഭാഷകളിലുമുണ്ട് ഏത് ഭാഷയെ ഭാഷയെന്ന് വെച്ചാൽ ആ ഭാഷ പ്രയോഗത്തിലിരിക്കുകയും അതിന് വിവിധ ശാസ്ത്ര ശാഖകളിൽ അത് പ്രയോഗിക്കുക ചെയ്യുമ്പോൾ ഒരു പദം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടിനെ കുറിച്ച് ചിന്തിക്കുകയും എങ്ങനെയാണ് ആ ശ്രദ്ധത്തിൽ നിന്ന് അർപ്പമുണ്ടായത് അത് ഭാഷാശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ് സംസ്കൃത പണ്ഡിതന്മാര് അവരവർ ആഗ്രഹിക്കുന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ആണ് സാധാരണ അതിന്റെ റൂട്ടിലേക്ക് പോകും അവർക്കൊരു അവരുടെ മനസ്സിലൊരു അർത്ഥം കാണും അർത്ഥം കിട്ടണം ബ്രഹ്മ അധീരെ ബ്രാഹ്മണമെന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായൊരു അർത്ഥമാണ് വേഗം അധ്യയനം ചെയ്യുന്നവരാണ് അത് വിശേഷിച്ച് തെറ്റൊന്നും പറയാനില്ല പക്ഷെ ഇദ്ദേഹം അതങ്ങനെ ആര് വേദാന്ത ദേശീയം ഇതിന്റെ പൂർവക്ഷമാണ് പൂർവപക്ഷത്തിലൂടെ തന്റെ ആശയം പറയണമെന്ന് അദ്ദേഹം സ്വീകരിക്കുന്ന അർത്ഥമാണ് അങ്ങനെ പറയാൻ പറ്റില്ല എന്താ അതൊരു സാങ്കേതികമായ പ്രശ്നമാണ് അങ്ങനെ ഒരു അർത്ഥം പറയാൻ പറ്റത്തില്ല എന്താണ് അതിന്റെ കുഴപ്പം ബ്രാഹ്മണശ്ത ശാസ്ത്ര അധീത അർത്ഥാന്തര നിപാതനേന ജാതി വ്യതിഷോ ബ്രാഹ്മിത്യോ തെളിവുക ഒരു വ്യാകരണത്തിൻ്റെ വിഷയമാണ് കൂടുതല് അതിന്റെ വിശദമായിട്ടും ഞാൻ പറയുന്നില്ല പൊതുവായി മാത്രം പറയാം നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രം ഇത് ബ്രാമം അജാതെന്ന് പറയുന്ന പാണിനേണ്ട ഒരു സൂത്രമാണ് ഇത് ബ്രാമോ ജാതു അങ്ങനെ ഈ സൂത്രത്തെ സിദ്ധാന്തമതിയിലൊക്കെ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത് ബ്രാമോ അജാതവും ഭാഷ വ്യാഖ്യാനിക്കുന്നത് അപ്പോ രണ്ടു തരത്തിലുള്ള സൂത്രത്തെ പഠിച്ചിട്ടാണ് പറയുന്നത് ഈ സൂത്രത്തിന് താല്പര്യമാണ് ദത്തിൽ നിന്നും അപത്യ സന്താനം എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മണ അപത്യം ബ്രഹ്മം വെച്ചാൽ വിപ്രൻ അല്ലെങ്കിൽ പ്രജാപതി രണ്ടും അർത്ഥം കൊടുക്കണം വെച്ചാൽ ബ്രാഹ്മണൻ തന്നെയാണ് അപ്പോ വിപ്രന്റെ അല്ലെങ്കിൽ പ്രജാപതിയുടെ സന്താനം ആണ് ബ്രാഹ്മണ ഈ സൂത്രമനുസരിച്ച് അപ്പോ അപത്യ അർത്ഥത്തിൽ ബ്രാഹ്മണ അല്ലെങ്കിൽ വിപ്രസ്യപത്യം ബ്രാഹ്മണ പുമാൻ സ്ത്രീ ബ്രാഹ്മണി ഇതിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായൊരർത്ഥമാണ് അഷ്ടാധ്യായയിൽ ബ്രാഹ്മണി സ്വന്തം സിദ്ധിക്കുന്ന ഇങ്ങനെ തന്നെ വിപ്രൻ്റെ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പ്രചാരത്തിലിരിക്കുന്ന അർത്ഥമൊന്നുമില്ല അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട് വ്യാകരണത്തിന്റെ നിയമം അനുസരിച്ച് ബ്രാഹ്മണ ശബ്ദം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ് ബ്രാഹ്മണസ്യാ നജസംശയ ബ്രാഹ്മണനായ പുരുഷൻ നിന്ന് ബ്രാഹ്മണിയായ സ്ത്രീയിൽ ജനിച്ചവൻ മാത്രമേ ബ്രാഹ്മണനാകൂ ഇത് അതിന്റെ വിൽപ്പത്തി അർത്ഥം യാകരുടെ നിയമം അനുസരിച്ചുള്ള അർത്ഥം ഇതാണ് അത് മുഖ്യമായ അർത്ഥം പിന്നെ ബ്രഹ്മ ജാനാതീതി ബ്രാഹ്മണകാർ അങ്ങനെയൊക്കെ അർത്ഥം പറയാം അങ്ങനെയൊക്കെ വിത്പത്തിയെന്ന് പറയാം എന്ന് പറയും ബ്രഹ്മ വേദം അതറിയുന്നവൾ അല്ലെങ്കിൽ ബ്രഹ്മം ബ്രഹ്മതത്വം അതിനെ അറിയുന്നവർ ബ്രഹ്മം അതിനെ അധ്യയനം ചെയ്യുന്നവൾ ഇങ്ങനെയൊക്കെ പലതരത്തിൽ ശബ്ദത്തിന്റെ വിത്പത്തി പറഞ്ഞാൽ പിന്നെ ബ്രാഹ്മണാപത്യം വിപ്രന്റെ സന്താനം ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാലും പാണിനി പറയുന്നത് ബ്രാഹ്മണ ശബ്ദം ഈസൂത്ര എന്താ പറയുക ജാതം അത് ജാതിയിൽ പ്രയോഗിക്കേണ്ട ഒരു ശബ്ദമാണ് എന്നുവെച്ചാ ബ്രാഹ്മണ ജാതിയിൽ പിറന്നവനാണ് നിയമം അനുസരിച്ച് വ്യാകരണത്തിന്റെ നിയമം അനുസരിച്ച് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അപ്പൊ ബാക്കിയുള്ളതൊക്കെ അതൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ അതിന്റെ വിത്പത്തികൾ അത് അങ്ങനെ വ്യാഖ്യാതാക്ക ഒരു സന്ദർഭത്തിൽ വരുമ്പോൾ ശങ്കരാചാര്യെന്ന് ബ്രഹ്മം ജ്ഞാനിയാണ് ബ്രാഹ്മ അത് ആ സന്ദർഭം അനുസരിച്ച് വ്യാഖ്യാനിക്കും അപ്പൊ വിത്പത്തി അർത്ഥം എന്ന് പറയുന്നത് പൊതുവെ റൂട്ട് മീനിങ് എന്ന് പറയും അത് കൂടുതലും ശബ്ദത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നു പിന്നെ മറ്റൊന്നുള്ള എന്താണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മീനിങ് ഇന്ന് ശബ്ദം പ്രയോഗിക്കുമ്പോ എന്നാണ് എന്റെ അഭിപ്രായം രണ്ട് രണ്ട് രീതി വരും പലപ്പോൾ എല്ലാ ഭാഷകൾക്കും ഉണ്ട് സംസ്കൃതത്തിന് മാത്രമാണ് പ്രശ്നം ഇപ്പോൾ സംസ്കൃത ഭാഷയെന്ന് പറയുന്നത് ഇന്ന് ദൈനംദിന ജീവിതത്തിൽ പ്രയോഗത്തിലുള്ള ഒരു ഭാഷയാണ് ഇന്നത്തെ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് അതിന്റെ പദങ്ങൾ ഭാഷകളിൽ കടന്നുകൊണ്ടിട്ടുള്ളൂ ഭാഷ അതുപോലെ പ്രയോഗിക്കുന്നു സാഹിത്യശാസ്ത്ര രംഗങ്ങളിലൊന്ന് സംസ്കൃതത്തിലല്ല പ്രവർത്തനങ്ങൾ ഇല്ല അത് മറ്റൊന്ന് അതൊരു സോഷ്യൽ ആസ്പെക്ട് പറയുന്ന ബ്രാഹ്മണ മേൽക്കോയ്മു പറയുന്നത് അതാണ് ബ്രാഹ്മണിക്കൽ ഫുജിമണി എന്ന് പറയുന്നത് അത് തീർച്ചയായും സോഷ്യൽ ആസ്പെക്ട് പറയുന്നതാണ് ഈ ഭാഷയുമായിട്ടാണ് യാതൊരു അത് എന്താണ് നമ്മുടെ സ്മൃതികൾ പുരാണങ്ങൾ വേദം തുടങ്ങിയതിന്റെ നിർമ്മാത ആ പറയുന്നത് അത് തൊണ്ണൂറ് ശതമാനം ബ്രാഹ്മണ എഴുതിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് എഴുതിയവരും അവരുടെ താല്പര്യ വിജയത്തിലും മേൽക്കോയ്മയ്ക്കും വേണ്ടി ഒരുപാട് ആശയങ്ങൾ ഈ സാഹിത്യത്തിൽ കടത്തിയിട്ടുണ്ട് അതാണ് ബ്രാഹ്മണ മേൽക്കോയ്മ എന്ന് പറയുന്നതിനാണ് ഈ ബ്രാഹ്മണിക്കൽ ഏജുമണി എന്ന് പറയുന്നത് അതൊരു സോഷ്യലായ വിഷയം ഇന്ന് ഒരുപാട് വിമർശിക്കപ്പെടുന്നുണ്ട് അപ്പൊ അവിടെ ബ്രാഹ്മണിക്കണം എന്ന് പറയുന്നത് ബ്രാഹ്മണ ജാതി എന്നാണ് എടുക്കുന്നത് ഇവിടെ ആ കാര്യങ്ങളും അത് സാമൂഹിക വിഷയങ്ങൾ ഈ ജാതിയുടെ ഉച്ച നീക്കങ്ങളും മറ്റൊക്കെ വരുമ്പോ ചർച്ച ചെയ്യുന്ന ഒരു ഇന്ന് പൊതുപോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത് ഇവിടെ പറയുന്നതാണ് ഇവിടെ പറയുന്നത് ആ ഞാനിവിടെ പറയുന്നത് ഈ പദങ്ങളുടെ വിൽപ്പത്തിയും എന്ന് വെച്ചാൽ റൂട്ട് മീനിങ്ങും പദങ്ങളുടെ പ്രയോഗവും ഇതിന് വലിയ അന്തരമുണ്ടെന്നുള്ള കാര്യം പറയാൻ ആ സോഷ്യൽ വിഷയത്തെക്കുറിച്ചല്ല ഞങ്ങൾ സാമൂഹിക വിഷയത്തെക്കുറിച്ച് രണ്ട് രണ്ട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു അപ്പോ ഇത് ശരിക്കും സിമാന്റിക് എന്ന് പറയും ഭാഷാപരമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ശബ്ദങ്ങൾ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ റൂട്ടിലേക്ക് പോകുന്നു അതിൻ്റെ അർത്ഥം കണ്ടെടുക്കുന്നു അത് പ്രയോഗമായിട്ട് എന്താ വേണ്ട അതാണ് പലപ്പോഴും അതിന് പ്രയോഗമായിട്ട് ഒരു ബന്ധവും കാണുന്നില്ല അത് ഞാൻ ഈ പറയുന്നത് നമ്മളൊരു ശബ്ദം കണ്ടിട്ട് അതിനൊരു വിൽപ്പത്തി പറയും അതിന്റെ റൂട്ടിലേക്ക് പോയി അതിനൊരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിന്റെ നേരത്തം ശരിയർത്ഥം എന്ന് ധരിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് പ്രത്യേകിച്ച് സംസ്കൃത വ്യാകരണത്തിലേക്ക് കൊണ്ട് പ്രവേശിച്ച് മുറിവിക്കുകയാണ് എന്ത് പറഞ്ഞാലും ഈ വിൽപ്പത്തി പറയും അതിനൊന്നും വലിയ കാര്യമില്ലെന്ന് ആണ് ഞാനീ പറയുന്നത് ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിൽപ്പത്തിയുടെ അല്ല വിൽപ്പത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഹിസ്റ്റഡിയെക്കുറിച്ച് പറയുന്നു അത്രയാണ് അർത്ഥം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് ഓരോ സന്ദർഭത്തിൽ ഓരോ ശാസ്ത്രത്തിൽ അതെങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ആണ് മനസ്സിലാക്കുന്നത് അതനുസരിച്ച് അതിന്റെ അർത്ഥം മാർക്കുകൊണ്ടേ ഇരിക്കുക അത് നമ്മൾ വിൽപ്പത്ത് പറയേണ്ട കാര്യമുണ്ട് ഓരോ വാക്കും കണ്ടിട്ട് എന്നുവെച്ചാൽ ബ്രാഹ്മണ എന്ന് പറയുന്ന ശബ്ദം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ബ്രഹ്മവേറ്റി അല്ലെങ്കിൽ ഇവിടെ പേറ്റയും പറയുന്ന ബ്രഹ്മ അണതി ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും പറയേണ്ട കാര്യമുണ്ട് ഇതൊക്കെ ആവശ്യമായി വരുന്നത് കേവലം ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുമ്പോ ആ വ്യാഖ്യാനിക്കുന്നവർക്ക് അവരുടെ സിദ്ധാന്തങ്ങളെ സമർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആ ശബ്ദം ഒരു ശാസ്ത്രത്തിന് പ്രയോഗത്തിൽ വരുമ്പോൾ അതിന് ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഒരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞ സംസ്കൃതത്തിന് ഒരു ധർമ്മം എന്ന് പറയുന്ന ഒരു വാക്കും ഇതിൻ്റെ അർത്ഥം പറയാൻ വേണ്ടി ആൾക്കാർ എന്താ പറയുന്നത് ധാരീതി ധർമ്മം ധ്രീയ രീതി ധർമ്മം ധരിയ രീതി ധർമ്മം ഇവരെ പല അർത്ഥങ്ങളും പറയും ഇത് കേട്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവരെ വലിയ സംസ്കൃത പണ്ഡിതന്മാരാണ് ഇപ്പൊ ആൾക്കാർക്കൊരു ധാരണ വരും ഇവര് ഇതിന്റെ അവസാന വർക്കാണെങ്കിൽ പറയും ഈ പറയുന്ന ആൾക്കും ഒരു കാര്യമില്ല കാരണം ധർമ്മശബ്ദത്തിന് എത്ര അർത്ഥമുണ്ടെന്ന് ചോദിച്ചാൽ നൂറാണോ അല്ല ഇരുന്നൂറാണോ അല്ല ഏത് അർത്ഥത്തിനും ധർമ്മശബ്ദം ഉപയോഗിക്കാം ഇപ്പൊ മേശ മേസിന്റെ ധർമ്മം എന്ന് പറയാം ഫ്ലാസ്കിന് ധർമ്മം എന്ന് പറയാം സ്റ്റോണിന് പറയാൻ ധർമ്മവും എനിക്ക് പറയാൻ ധർമ്മം ഏത് വസ്തുവിനും ധർമ്മം എന്നുള്ള ശബ്ദം ഉപയോഗിക്കാം എന്തുകൊണ്ട് അത് ഏത് ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് വർണ്ണമൊന്നുപയോഗിക്കാം ജാതി ഒന്ന് ഉപയോഗിക്കാം ചൂടെന്നുപയോഗിക്കാം തണുപ്പൊന്ന് ഉപയോഗിക്കാം സുഖമൊന്നുപയോഗിക്കാം ദുഃഖമൊന്നുപയോഗിക്കാം ആണെന്ന് ഉപയോഗിക്കാം പെട്ടെന്ന് പറയാം അത് ഏത് ശാസ്ത്രത്തിൽ ഏത് ധർമ്മത്തിൽ ഏത് സന്ദർഭത്തിൽ അത് പ്രയോഗിച്ചിരിക്കുകയും അല്ലെങ്കിൽ അർത്ഥം മാറുന്ന ഒരു ശബ്ദമാണ് അർത്ഥം അവസാനം വന്ന് ബ്രഹ്മം ഒന്നും പറയാം അതിനപ്പുറം ഇനിയൊന്നും പറയാനില്ല അതിനു വേണ്ടിയിട്ട് എന്താണ് ദാരിയർ ചെറിയ പ്രായം സ്കൂളിൽ പഠിക്കുന്ന സാമ്പലത്തിന് മതപ്രഭാഷണ കേൾക്കാൻ അന്ന് ഒരു ഹാസ്യ സാഹിത്യകാരനോടെ അതൊന്നും മരിച്ചുപോയാൽ കൃഷ്ണങ്ങൾ ഇദ്ദേഹം വലിയ ഭക്തിപ്രഭാഷങ്ങൾ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാനത് ഭജതീരി ഭക്തി എന്ന് പറഞ്ഞാൽ പറയുള്ളു ഭജതീരി ഭക്തി ഒരു ബന്ധവുമില്ല പക്ഷെ സംസ്കൃത പണ്ഡിതനാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നും അന്ന് നമ്മൾ ഇത് വേണ്ടി കൈയ്യടിച്ചു പണ്ഡിതനാണ് അപ്പോ വിൽപ്പത്തി പറയേണ്ട കാര്യമില്ല അങ്ങനെയൊരു വിപത്തിയൊന്നും പറയേണ്ട കാര്യമില്ല ഭക്തി ഏത് ശാസ്ത്രത്തിലെവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ അർത്ഥത്തെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത് സംസ്കൃതത്തിന്റെ പ്രശ്നമുണ്ട് എല്ലാ ഭാഷകളും ഈ സംസ്കൃതത്തിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഈ ശാസ്ത്ര മേഖലകൾ എന്ന് വെച്ചാൽ ഭാരതത്തിൽ നിലവിലുന്ന എല്ലാ ശാസ്ത്രശാലകളിലും സംസ്കൃതത്തിൽ ഗ്രന്ഥങ്ങളുണ്ട് അത് തപ്പുചിന്ത ആയിക്കൊണ്ടെ മറ്റേതെങ്കിലും ഏത് വിഷയമായാലും ശരി എന്ന് ഭാഷ വളരെ സജീവമായിരുന്നു അപ്പൊ സജീവമായിരുന്നുകൊണ്ടാണ് ഇത്രയും ശാഖകളിൽ സംസ്കൃതത്തിന് ഇത്രയും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ശാസ്ത്രത്തിലേക്കും വരുമ്പം വാക്കുകൾക്കുള്ള അർത്ഥമാർ കൂടെയിരിക്കും ഇന്ന് മാറ്റം വരുത്തരുതുകൊണ്ടിരിക്കുന്നത് ആ ശബ്ദം ആ സംസ്കൃതത്തിന് പ്രയോഗത്തിലില്ല അതുകൊണ്ട് തന്നെ അത് പ്രായോഗികമായൊരു ഉപയോഗം അങ്ങനൊന്നും ഇല്ല ആ സാഹിത്യത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ന് ചിലരുടെ സംസ്കൃതത്തിന് കുറച്ച് ഹിന്ദി വാക്കുകളോടൊക്കെ കൂട്ടിച്ചേർത്ത് സംസ്കൃത കാലികമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അന്ന് സമൂഹത്തിൽ വിജയിച്ചിട്ടില്ല വിജയത്തിലേക്ക് പോകുന്നില്ല കാരണം എന്താണ് പ്രയോഗത്തിലിരിക്കുന്ന ഭാഷകൾ ആൾക്കാർക്ക് ഒരുപാട് വഴങ്ങുന്നുണ്ട് ജനങ്ങൾ ആ ഭാഷയുടെ പിറകെ പോകുന്നത് അതിനൊരു ജനകീയ ഭാഷയാക്കിയെടുക്കുക എന്നൊരു വളരെ നിലവിലിരിക്കുന്ന ഭാഷയുടെ ആധിപത്യം വലുതാണ് അതുകൊണ്ടാണ് നടക്കാത്തത് സംസ്കൃതം മോശം ഭാഷ ആയതുകൊണ്ട് ആധിപത്യമുള്ള ഭാഷകൾ ഇങ്ങനെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഭാഷകളിൽ മറ്റും മറ്റേതിനൊക്കെ ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ചുരുക്കം ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങത്തേക്കും അപ്പൊ ഇത് സജീവമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ശാസ്ത്രങ്ങളെ കഴുകി അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും സംസ്കരിച്ചിട്ടുണ്ടത്തെ പ്രയോഗം പ്രയോഗം എന്ന് പറയുമ്പോ അന്നത്തെ പ്രയോഗം അന്നത്തെ അതാ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പ്രയോഗം ഇന്നതിന് പ്രയോഗമില്ല അവിടെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുമ്പം അവരുടെ സിദ്ധാന്തങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി അവരുടെ റൂട്ടിലേക്ക് പോയി അർത്ഥം പ്രയാസം അത് അവരവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണിപ്പോ അധീര് തദ്ദേ ബ്രഹ്മവേദമതീര് ബ്രാഹ്മ ഇത് ഒരുപാട് സ്ഥലത്ത് പ്രയോഗിക്കുന്നതാണ് ഈ അർത്ഥം പക്ഷെ ഇവിടെ താങ്ക് എന്തുകൊണ്ട് ഇവിടെ തനിക്ക് സമർത്ഥിക്കേണ്ടതായ തന്റെ സിദ്ധാന്തത്തിന് വേണ്ടതായ ഒരർത്ഥം കാണുന്നു എന്താ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രി വൈശയും മൂന്ന് പേരെ എടുക്കും വേറെ എടുക്കാനും പാടും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അതിന്റെ വിത്പത്തി ഒന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പൊ അതിന്റെ റൂട്ട് വരെ മാറിപ്പോ ധാതു അതുവരെ മാറിപ്പോ ശ്രദ്ധ മാർഗം ഒന്ന് രണ്ട് സിന്ധിക്കേറ്റ് പറയേണ്ട കാര്യമായതുകൊണ്ട് ഒരു ഡിസ്ട്രാക്ഷൻ വന്നു ഇവിടെ ഇദ്ദേഹം രേഖ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സൂത്രം എന്താണ് ബ്രാഹ്മ എന്ന് പറയുന്ന ഈ സൂത്രം ഈ സൂത്രം ബ്രാഹ്മണ ശബ്ദത്തിന് അപത്യം സന്താനം എന്നുള്ളൊരർത്ഥമേ വരാം വേറൊർത്ഥം ബ്രാഹ്മ കണ്ടിങ്ങനെ ലോകവിഭാഗം ചെയ്താണ് സൂത്രവിഭാഗം ചെയ്താണ് അർത്ഥങ്ങൾ മറ്റൊരർത്ഥം വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മ നായിട്ട് ബ്രാഹ്മം ഹവി ബ്രാഹ്മം അസ്ത്രം അങ്ങനെ കേൾക്കണം ഭവിസിന് ഗ്രാമം ബ്രഹ്മ എന്ന് പറയുന്ന ദേവനൊക്കെ അർത്ഥിക്കുന്ന മനസ്സിലും ബ്രാഹ്മ ഇങ്ങനെ അർത്ഥവ്യത്യാസമുണ്ട് അതുകൊണ്ട് ബ്രാഹ്മണ ശബ്ദം ഈ സൂത്രം അനുസരിച്ച് സന്താനം എന്നുള്ള അർത്ഥത്തിലെ പ്രയോഗം ഗണിതസൂത്രത്തിന് തർത്തി പക്ഷെ ഇവിടെ ബ്രാഹ്മണ ശബ്ദത്തിന് സന്താനം നിന്റെ അർത്ഥം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈസ്യമ് നടത്തും ഇതെങ്ങനെ വന്നു എന്നാണ് ഇവിടെ പറയുന്നത് സൂത്രത്തിന്റെ അർത്ഥമാണ് അതായത് ഈ സൂത്രം രണ്ടർത്ഥത്തില് രണ്ട് രീതിയിലാണ് എന്റെ പടം ഭാഷയത്തിന്റെ അജാതകം കൊണ്ടും സിദ്ധാന്തയുടെ ജാതവും അതർത്ഥം പറയുന്നത് ഇതിന്റെ തൊട്ടും പരിസൂത്രമാണ് നൂർവോ അപത്യേ അവർമ്മണഹ ഇവിടെ അജാതോ എന്നാണെങ്കിൽ ഇവിടെ പൂർവ്വത്തിൽ നിന്ന് ഞാൻ അനുവർത്തിക്കണ്ട ജാതവും എന്നാണെങ്കിൽ പൂർവ്വത്തിൽ നിന്ന് ഞാൻ അനുവർത്തിക്കത്യാസം പിന്നെ ഇതിന്റെ അർത്ഥം പറയുന്നത് അതെല്ലാവർക്കും മനസ്സിലാകത്തില്ല എന്നാണ് ഞാൻ പറയാം ചോദിച്ചത് ജാതവും ഞാൻ ഭഗതി എന്നാണ് ശരിക്കും ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല കാരണം അജാതവെന്ന് പറഞ്ഞാൽ നായും ജാതിയും തമ്മിൽ നന് സമാസം ചെയ്തിട്ടുണ്ട് സമാസത്തിന്റെ ഒരു ഭാഗത്തെ വേറൊന്നുമായിട്ട് അനുഭവിക്കാൻ പാടില്ല പദാർത്ഥവും പദാർത്ഥവും നല്ലത്വ ദേകദേശം മുമ്പ് പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോ ജാതവും നോതി പറയാൻ പാടില്ല പക്ഷെ ഇവിടെ അർത്ഥം സ്വീകരിക്കുന്നു എന്താണ് പറയുന്നത് ബ്രഹ്മൻ ശബ്ദത്തിൽ നിന്ന് അപത്യാർത്ഥത്തിൽ കഴിഞ്ഞാൽ നസ്തബ്തയുള്ള സൂത്രമാര ടി ലോകങ്ങൾ പഠിച്ചിട്ടുള്ള അതിനെ നിഷേധിക്കുന്ന സൂത്രമാണ് അൻ നാം ദസ് ദേർ ലോകാസ്യാദ് സ്തബ്ധിതയും പഠിച്ചിട്ടുള്ള അതിന് നിഷേധിക്കുന്ന സൂത്രമാണ് അൻ പ്രകൃതിയാസ്യാദണിതും പ്രകൃതി ഭാഗം അതിനെ നിഷേധിക്കുന്ന സൂത്രമാണ് നപൂർവോ അപത്യ അവർമ്മണം പ്രകൃതിഭാഗത്ത് നിഷേധിച്ചവരുടെ ടിലവും അതിന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നാ എന്ന് വീണ്ടും പറഞ്ഞത് അത് അനുവർത്തിച്ചാലും ശരി സൂത്രത്തിലുണ്ടായിരുന്നു എന്താണ് പറയുന്നത് ഇവിടെ ടിലോകം വരാൻ പാടില്ല അപ്പം ബ്രാഹ്മണ അപത്യം ബ്രഹ്മൻ സമ്പത്തി നണ്ണുവരുന്നു തദ്ദേശാമാലയ ആദി വൃദ്ധി വന്നു മകാരത്തിൽ നത്വം വന്നു ബ്രാഹ്മണഹ് സത്യം പ്രക്രിയ വളരെ സിമ്പിളാണ് പക്ഷേ ഇങ്ങനെ കുറെ സംഗതികളായിടയ്ക്ക് കിടന്നത് അപ്പൊ ഈ ഒരു അർത്ഥം പറയണമെങ്കിൽ ഇവിടെ ജാതി എന്ന് പറഞ്ഞാലും മതി തൊട്ടുപൂർവ്വത്തിലെ സൂത്രമാണ് എന്ന അപൂർവത്തി അപർവണോ എന്ന് പറയുന്ന സൂത്രം അതിൽ നിന്ന് തോന്നാനും അർത്ഥം പറയും അത് വ്യാകരണത്തിന്റെ വിഷയമാണ് രണ്ടായിരത്തി അഷ്ടാബ്യായി ബ്രാഹ്മണ ശബ്ദം സിദ്ധിക്കുന്ന സൂത്രം ഇതാണ് ഇതാണ് വിപ്രന്റെ അല്ലെങ്കിൽ പ്രജാപതിയുടെ സന്തതിയാണ് ബ്രാഹ്മണ ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥം അത് ജാതി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞോളൂ സങ്കരായത് ബ്രാഹ്മണ ശബ്ദത്തിന് സന്യാസി അർത്ഥം പറഞ്ഞുകൊണ്ട് അത് ബ്രാഹ്മണാഹ്രജന്തിഷണായാസു വിശേഷനായാ എന്ന് പറയുന്നിടത്ത് വിദ്ധായ പ്രവൃചന്തി എന്ന് പറയുന്നിടത്താണ് ഗ്രാമശ് അങ്ങനെ ഒരർത്ഥം പറഞ്ഞു എന്താണ് സന്യാസി എന്നർത്ഥം പറയുന്നത് ഞാൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ സന്യാസിയാണ് ഞാനും സന്യാസരക്ഷ അതിനെല്ലാം പാടയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പ്രതിഷേധം കൊണ്ടല്ല എനിക്ക് എന്താണ് അതും ഇതും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ശബ്ദവും ഈ ശബ്ദവും അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് അല്ല ഈ വിഷയം പറയാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ എന്റെ സിനിമാ പറയാം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് എനിക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കുറച്ച് വിവരമുള്ള വിഷയങ്ങൾ അതുകൊണ്ട് തൽക്കാലം നിർത്താൻ പ്രതിഷേധിച്ചല്ല എന്നെ കൊണ്ട് കഴിയാത്തതാണ് പ്രായം ഒരു പ്രശ്നം ഒന്ന്